പ്രവൃത്തികൾ തുടങ്ങുമ്പോൾ അവിടെ പത്രോസ് നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഇത് നമ്മൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് പത്രോസ് അവിടെ അവൻ രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിലാണ് രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം മുതൽ അവനങ്ങനെ അവരോട് സംസാരിക്കുന്നു അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് എത്ര ധൈര്യത്തോടെ എത്ര ശക്തിയോടുകൂടെയാണ് അവിടെ സംസാരിക്കുന്നത് അവിടെ അവിടെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് മുപ്പത്തിയാറാമത്തെ വാക്യം ശ്രദ്ധിക്കുക മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ ആകെയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി എന്നൊക്കെ നമ്മൾ വായിക്കുന്നു ഇത് സംസാരിക്കുന്നത് പത്രോസാണ് പത്രോസാണ് ഇത് സംസാരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞതാണ് തൻ്റെ ജീവിതത്തിൽ റിപ്പീറ്റഡായിട്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞതാണ് ഞാൻ ഇന്ന് നമ്മൾ കേട്ട ദൈവവചനവുമായി ബന്ധപ്പെട്ട് വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളിൽ ഉള്ള ഒരു ഉറപ്പാണ് ഒരു നിശ്ചയമാണ് എന്നുള്ള ബോധ്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ നമ്മൾ മുതിർന്നവർ പലർക്കുമുള്ള ഒരു പ്രശ്നം അതായത് പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു കലാമിറ്റി വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഉടനെ നമ്മൾ പറയും അത് ഞാൻ അന്ന് ചെയ്ത ആ തെറ്റുകൊണ്ടാണ് അന്നത്തെ ആ കുഴപ്പം കൊണ്ടാണ് ഈ പ്രശ്നം കൊണ്ടാണ് ഞാൻ ഈ പ്രശ്നം ചെയ്തു അതുകൊണ്ടാണ് എനിക്കിപ്പോഴത്തെ പ്രശ്നം നമ്മുടെ ധൈര്യം മുഴുവനും അങ്ങ് ചോർന്നു പോയി നമ്മൾ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഒന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നു ഇവിടെ പത്രോസിനെങ്ങനെ ഇങ്ങനെ എഴുന്നേക്കാൻ പറ്റുന്നത് പത്രോസിനെങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് പത്രോസ് എങ്ങനെയാ പറയുന്നത് ഈ ആളുകളെ നോക്കിക്കൊണ്ട് നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞാൻ തള്ളിപ്പറഞ്ഞ കർത്താവിനെ എന്ന് തൻ്റെ ബോധ മനസ്സിലെങ്കിലും എപ്പോഴെങ്കിലും തനിക്ക് തൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്തയില്ലേ ഞാൻ തള്ളിപ്പറഞ്ഞ യേശു അങ്ങനെ ആയിരിക്കും എനിക്ക് ഇത്ര ധൈര്യത്തോടെ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ എന്ന് പറയാൻ പറ്റുമോ എന്താ സംഭവിച്ചത് പത്രോസിന് പത്രോസിൻ്റെ വിശ്വാസ കണ്ണുകൾ തുറക്കപ്പെട്ടു പത്രോസിന്റെ വിശ്വാസ കണ്ണുകൾ തുറക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം പത്രോസിനുണ്ടായി അപ്പോൾ ഞാൻ കർത്താവിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ടവനാണ് ഞാൻ ആ തെറ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ് ഞാൻ കർത്താവിനെ തള്ളി പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ ദൈവ പറയുന്നു നമ്മൾ ഒന്ന് യോഹനാനൽ നമ്മൾ വായിക്കുന്നു ഒന്ന് യോഹനാൻ രണ്ടാം അധ്യായം അവിടെ വായിക്കുന്നു സോറി ഒന്ന് ഒന്ന് യോഹനാൻ ഒന്നാം അധ്യായം അവിടെ അവിടെ നമ്മൾ എന്താ വായിക്കുന്നത് ഒമ്പതാം വാക്യം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകൽ അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു ദൈവവചനം ഇങ്ങനെ പറയുന്നു നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകൽ അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു അപ്പൊ ദൈവ വചനം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ തന്നെ പലപ്പോഴും പല ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും നമുക്ക് ഇത് കാണാൻ പറ്റുന്നില്ല ഞാൻ അന്ന് ചെയ്തു ഞാൻ ആ പാപം ചെയ്തു ആ തെറ്റ് ചെയ്തു അതിനെക്കുറിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷെ യേശുവിൻ്റെ രക്തം എൻ്റെ പാപത്തെ പോക്കി ശുദ്ധീകരിക്കുന്ന എനിക്ക് എന്ത് കാണാൻ പറ്റുന്നു എനിക്കൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല എങ്ങനെയാ എനിക്ക് അങ്ങനെ ശുദ്ധീകരിക്കുക ശുദ്ധീകരിക്കുമോ ഞാൻ അങ്ങനെ മാറുമോ എന്നാൽ നമ്മൾ പറഞ്ഞു വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല കാണാത്ത കാര്യങ്ങളിലുള്ളൊരു വിശ്വാസമാണ് ദൈവ വചനം ഇങ്ങനെ പറയുന്നു യേശുവിൻ്റെ രക്തം ഞാൻ ഏറ്റുപറയുന്നു എങ്കിൽ ഞാൻ എൻ്റെ പാപത്തെ ഞാൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ അത് ഏറ്റുപറഞ്ഞ് ഞാൻ ഉപേക്ഷിച്ച ഒരു പാപമാണെങ്കിൽ യേശുവിൻ്റെ രക്തം എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് സകൽ അനീതിയും പോക്കി എന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നീതിമാനുമാണ് എന്ന് അത് ഞാൻ എൻ്റെ ഉള്ളത്തിൽ ഞാൻ വിശ്വസിക്കുകയോ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കും എനിക്കത് കാണാൻ പറ്റുന്നില്ല എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഞാനത് ഏറ്റു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കുറേ ദിവസം കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ വീണ്ടും ആ ഞാൻ അങ്ങനെയാണോ എന്നാലും ഞാൻ അങ്ങനെ ചെയ്തില്ലേ എനിക്കിപ്പോൾ എങ്ങനെ ഇങ്ങനെ ഒരു ധൈര്യത്തോടെ നിൽക്കാൻ പറ്റും എനിക്കെങ്ങനെ ഞാൻ ഞാനിത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വല്ല ചില ചില കാര്യങ്ങളാണ് ചിലപ്പോൾ ചില ക്യാമല കലാമിറ്റി വരുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം സെഫേനയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മെൽബിൻ എന്ന് പറയുന്ന ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ഒരു മകൻ ഒരു മോൻ ആ ക്ലാസ്സിലെ തന്നെ ഏറ്റവും നല്ല വളരെ ദൈവഭക്തനായ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് അവൾ അവനെക്കുറിച്ച് പിന്നീട് ഞങ്ങൾ അവനെക്കുറിച്ച് പറയുമ്പോൾ മറ്റു മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു ബാലൻ ക്ലാസ്സിൽ നന്നായിട്ട് അവൻ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കും ക്ലാസ്സിലെല്ലാത്തിനും മുമ്പിൽ മാർക്കുള്ളൊരു പയ്യൻ എല്ലാ സ്വഭാവത്തിൽ മറ്റുള്ളവർ തികച്ചും വ്യത്യസ്തനായ ഒരു കുഞ്ഞുമോൻ അവന് പത്താം ക്ലാസ്സിൽ അവൻ്റെ പരീക്ഷ എഴുതാനായിട്ടുള്ള ഫൈനൽ പരീക്ഷയൊക്കെ ആയപ്പോഴത്തേക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന അവൻ്റെ കുറേശ്ശെ മാർക്ക് കുറയുന്നു അവന് ശരിക്കും പഠിക്കാനായിട്ട് പറ്റുന്നില്ല അവൻ എപ്പോഴും ഉറക്കം വരുന്നു വീട്ടുകാരൊക്കെ അവനെ പലപ്പോഴും ചിലരൊക്കെ ചില സമയത്ത് വഴക്ക് പറഞ്ഞു നോക്കി പലരും നോക്കി അവന് ഏറ്റവും സ്വയമായ എല്ലാ കാര്യങ്ങളും സ്വയമായിട്ട് ചെയ്യുന്ന ഏറ്റവും മിടുക്കനായൊരു പയ്യനാണ് പെട്ടെന്നാണ് അവനിങ്ങനെയൊരു പ്രയാസമൊന്നും എന്തായാലും അവൻ അവസാനത്തെ ഒരു പരീക്ഷ അവൻ എങ്ങനെയെങ്കിലും ആശുപത്രിക്ക് കിടക്കയിൽ നിന്നൊക്കെ വന്ന് വീണ്ടും പരീക്ഷ എഴുതി അവൻ അവസാനത്തെ പരീക്ഷ എഴുതുമ്പോൾ അവനൊന്നും കാണുന്നില്ല എന്തോ കണ്ണിനും കാഴ്ചക്കും എന്തോ ഒരു പ്രയാസം അവന് കാണാ അവന് കാണാതെയൊക്കെ എങ്ങനെയോ പരീക്ഷ എഴുതി എന്നാലും അവൻ എല്ലാ പരീക്ഷയ്ക്കും അവന് പാസ്സായി അവന് കുറേ വിഷയങ്ങൾക്കൊക്കെ എ പ്ലസു ആയിട്ട് അവൻ പാസ്സായി പക്ഷേ അത് കഴിഞ്ഞ ദിവസം പിന്നീടാണ് അവന് ബ്രെയിൻ ട്യൂമറായിരുന്നു എന്ന് മനസ്സിലാവുകയും ഇവിടെ കടുവാക്കുളത്തെ അടുത്താണ് അവൻ്റെ വീട് കഴിഞ്ഞ ദിവസം ഈ ലോകത്ത് നിന്ന് ആ കുഞ്ഞ് അപ്പോൾ വേർപെട്ട് അവൻ ശരിക്കും അവൻ പ്രിയം വച്ച അവനൊരു ബ്രദൻ ചേർച്ചിലെ ഒരു വിശ്വാസിയാണ് പക്ഷെ വളരെ അവൻ അറിഞ്ഞ സത്യത്തിൽ വളരെയധികം കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ ഈ ബുദ്ധിമുട്ടിൻ്റെ സമയത്തും അവനൊരു പ്രയാസമില്ല ദൈവത്തിൽ ആശ്രയിച്ച് അവനൊരു മറ്റുള്ളവർക്ക് സാക്ഷിയായിട്ട് നിന്ന് അവൻ്റെ വീട്ടിൽ അവൻ്റെ പിതാവിനും മാതാവിനുമൊക്കെ അവനെക്കുറിച്ച് പറയാൻ നൂറ് വാക്കാണ് അവൻ്റെ അവൻ്റെ ആ അവൻ്റെ ആ ഒരു സാക്ഷ്യമുള്ള ജീവിതം അപ്പോൾ അന്ന് അവൻ്റെ ഫ്യൂണറലിൻ്റെ അന്ന് ഞങ്ങളിങ്ങനെ ഒരു സമാനമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയതുകൊണ്ട് ഞാനും ക്രിസ്ത്യൻ കൂടെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അപ്പോൾ അതിൻ്റെ വീ വീട്ടിൽ ബോഡിയൊക്കെ ഒക്കെ കൊണ്ടുപോയി അടക്കുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് അപ്പോൾ വന്നവരൊക്കെ ആശ്വാസ വാക്കുകൾ പറയുമ്പോൾ എൻ്റെ എന്നോടും രണ്ട് വാക്ക് പറയാനായിട്ട് പറഞ്ഞു അപ്പോൾ പറഞ്ഞപ്പോൾ ഞാനവിടെ എഴുന്നേറ്റപ്പം പെട്ടെന്ന് ഞാനവരെ അവൻ്റെ ജീവിതത്തെ ഓർത്തവനെക്കുറിച്ച് പറയുകയും അതോട് ചേർന്ന് എനിക്ക് പെട്ടെന്ന് ഞാൻ കടന്നുപോയ ഒരു സാഹചര്യത്തിൽ എനിക്കിതുപോലെ മോള് മരിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ഡിസ്കറേജ്മെൻ്റ് വന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ അതവിടെ അവിടെ വച്ച് ഞാൻ പറഞ്ഞു അതായത് നമ്മൾ ഈ രീതിയിൽ ഈ കുഞ്ഞിൻ്റെ ജീവിതം ആ രീതിയിലൊക്കെ നമുക്ക് നല്ല ഉറപ്പുണ്ട് എന്നാലും നമുക്കിപ്പോൾ വല്ല ധൈര്യം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഇത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ തെറ്റുകൊണ്ടാണോ എൻ്റെ കുഞ്ഞിനിങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയുള്ള ഏതെങ്കിലും ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും കടന്നു വന്നാൽ എസ്കേലിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ നമ്മളൊരു വാക്ക് വായിക്കുന്നുണ്ട് അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നതുകൊണ്ട് മക്കളുടെ പല്ല് പുളിക്കും എന്നൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൻ പച്ച പച്ചമുന്തിരിങ്ങ മക്കളുടെ പല്ല് പുളിക്കും എന്ന് ഇസ്രായേലിൽ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു ആ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങനെ ആ പഴഞ്ചൊല്ല നിങ്ങൾ ചൊല്ലരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് എസ് എസ് കെൽ ഇരുപത്തിരണ്ടാം അധ്യയത്തിലെ മറ്റുമാണെന്ന് തോന്നുന്നു ആ ഒരു വാക്യമുള്ളത് അപ്പം എനിക്ക് ആ വാക്യം അവിടെ ഓർമ്മ വന്നു ഞാൻ പിന്നെ ആ വാക്യവും പറഞ്ഞ് ഞാൻ കുറച്ച് അങ്ങനെ കുറച്ച് ആശ്വാസവാചനങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു പിന്നീട് ഞാൻ വീണ്ടും ഞാൻ ഒരു ആ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ചെന്നപ്പോൾ ആ പിതാവിന് ആ പിതാവിന് അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു ആ പിതാവിൻ്റെ മനസ്സിലേക്ക് ഇത് എൻ്റെ എൻ്റെ കുഴപ്പം കൊണ്ടാണോ എൻ്റെ കുഴപ്പം കൊണ്ടാണോ എൻ്റെ ഈ കുഞ്ഞിനിങ്ങനെ വന്നത് ഞാൻ തെറ്റ് എൻ്റെ തെറ്റുകൊണ്ടാണോ ഈ കുഞ്ഞിന് ആ പിതാവിനെ അലട്ടിക്കൊണ്ടിരുന്ന വലിയൊരു പ്രശ്നമായിരുന്നു അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞും തുടർന്നും മറ്റുള്ളവരോട് ചിലട് പറഞ്ഞപ്പോൾ അവർ അവരുടെ ചർച്ചിലൊക്കെയുള്ള ആളുകൾ പറഞ്ഞു അന്ന് കണ്ടില്ലേ അന്ന് ഏതോ വന്ന് അവിടുന്ന് ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞത് പിന്നെ സാർ ഓർക്കുന്നില്ലേ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് അദ്ദേഹത്തെ ഓർപ്പിക്കാനും അത് കഴിഞ്ഞ് ഞങ്ങളവിടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ ആശ്വാസമായി എന്ന് അദ്ദേഹം പറയുവാനായിട്ട് ഇടയായി ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ഇങ്ങനത്തെ ഒരു കലാമിറ്റി ആയിരിക്കില്ല ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു ഒരു പ്രശ്നം വന്നു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അന്ന് ചെയ്ത എൻ്റെ ആ പ്രശ്നം അല്ലെങ്കിൽ ഈ കാര്യം എൻ്റെ ഈ പരാജയം അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് എന്ന് പറഞ്ഞ് നമ്മളൊരു നിരാശയോടെ നമ്മൾ മുമ്പോട്ട് പോകുന്ന അനുഭവം നമ്മിൽ പലർക്കും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ കേട്ട ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നാൽ ദൈവവചനം പറയുന്നു ഞാൻ ഏറ്റു പറഞ്ഞ ഞാൻ കർത്താവിനോട് ഏറ്റു പറഞ്ഞ ഒരു പാവമാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു രക്താംബരം പോലെ ചുവന്നത് നിൻ്റെ പാവം രക്താംബരം പോലെ ചുവന്നതാണെങ്കിലും അതിനെ ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പോൾ അതുകൊണ്ട് കർത്താവെ ഞാനത് വിശ്വസിക്കുന്നു അപ്പോൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് ഫ്രീ ആകണം പിന്നെ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ദൈവത്തെ നമ്മൾ അവിശ്വസിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാത്ത കാര്യങ്ങളുള്ള വിശ്വാസം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കത് കാണാൻ പറ്റുന്നില്ല നമുക്ക് എങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടു നമുക്ക് എങ്ങനെ കഴിവപ്പെട്ടു ഇതെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുന്നു ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടു ഇനി എൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഒരു കുഴപ്പത്തിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വീ വീട്ടിലുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ ഇന്നൊരു പ്രശ്നം വന്നപ്പോൾ ഓക്കെ അറിവില്ലായ്മയുടെ കാലത്ത് നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പോലും നമുക്ക് അറിവില്ലായ്മയുടെ കാലത്ത് ചില ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടാകുക എന്നാൽ നമുക്ക് വെളിച്ചം ലഭിക്കുന്ന സമയത്ത് കർത്താവിനോട് ദൈവത്തോട് ഏറ്റു പറയുക ഏറ്റുപറഞ്ഞ് നമ്മളത് ഉപേക്ഷിക്കുക നമ്മൾ നമ്മുടെ തെറ്റുകളെ സമ്മതിക്കുക അത് കഴിഞ്ഞാൽ യേശുവിൻ്റെ രക്തം സകലഭാവവും പോക്കി ശുദ്ധീകരിച്ച് നമ്മുടെ പരാജയങ്ങളെപ്പോലും അതിൽ നിന്ന് ദൈവത്തിന് ഒരു വിജയമാക്കി മാറ്റുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമുക്ക് വേണ്ട വിശ്വാസം നമ്മൾ ഇങ്ങനെ സാക്ലർ ആണെന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഏറ്റവും വലിയ തിന്മ ഈ ലോകത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തിന്മ എന്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ഈ ദൈവപുത്രൻ ആയ യേശുവിനെ ഈ ആളുകൾ ക്രൂശിക്കാനായിട്ട് കാൽവരി ക്രൂശിൽ കൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ അടിച്ചതും അവൻ്റെ വിലാപ്പുറത്തെ കുത്തിയതും അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചതുമല്ലേ ഏറ്റവും വലിയ തിന്മയായിട്ടുള്ളൊരു കാര്യം അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ പോലും ആ ഏറ്റവും വലിയ തിന്മ നമുക്ക് ഏറ്റവും വലിയ നന്മയാക്കി മാറ്റിത്തീർത്ത ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ ഏറ്റവും വലിയ തിന്മയാണ് ഇന്ന് കർത്താവ് ക്രൂശൽ അങ്ങനെ ആ രീതിയിൽ മരിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിന് ഇന്ന് അർത്ഥമുള്ളത് എൻറെ ജീവിതത്തിൽ എനിക്ക് സമാധാനമുള്ളത് നമ്മെ ഇന്ന് മുമ്പോട്ട് ജീവിതത്തിൽ ഒരു അർത്ഥത്തോടെ മുമ്പോട്ട് നടത്തുവാൻ പര്യാപ്തമാക്കിയത് അതാണ് പ്രിയ സൗര ചവന്മാരെ നമ്മുടെ തെറ്റുകളെ നമ്മുടെ കഴിഞ്ഞ കാലത്തെ പരാജയങ്ങളെ നമ്മുടെ കഴിഞ്ഞ സംഭവിച്ച നമ്മുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇന്ന് നമ്മുടെ വിശ്വാസം ചോർന്നു നാം നിരാശപ്പെട്ടു നമുക്ക് നമ്മൾ ഏറ്റുപറയുക കർത്താവിനോട് യേശുവിൻ്റെ രക്തത്താൽ തന്നെ കഴുകി എന്നുള്ള ഉറപ്പോടെ ധൈര്യത്തോടെ നാം നിൽക്കുക നമുക്ക് നമ്മുടെ പാപക്ഷമ അത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ആശ്രയിച്ച് നമ്മളത് വിശ്വസിക്കണം അപ്പോൾ ഈ ഞാൻ ഇതാണ് നമ്മൾ ആത്മീയ കാര്യങ്ങളാണ് നമ്മൾ ലോകത്തിലുള്ള ആളുകൾ ഭൗതികമായ കാര്യങ്ങളെ പറയുന്നു എന്നാൽ നമ്മൾ നമ്മൾ ഈ ആത്മീയ കാര്യങ്ങളെ പറയുമ്പോൾ തന്നെ നമ്മളിൽ പലർക്കുമുള്ള ഒരു പ്രശ്നമാണിത് നമ്മളെ തളർത്തിക്കൊണ്ടു പോകുന്ന നമ്മുടെ കഴിഞ്ഞകാല പാപത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നമ്മളെ തളർത്തുന്ന നമ്മുടെ പല പാപങ്ങൾ പല പ്രശ്നങ്ങൾ നമുക്ക് പല കാര്യങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ കാണുമ്പോഴും നമുക്ക് എന്താ ചെയ്യേണ്ടത് അവിടെയും നമുക്ക് ഈ പാപത്തോടുള്ള പോരാട്ടത്തിലും നമുക്ക് നമ്മൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി യേശുവിനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഓട്ടം ഓടുവാനായിട്ട് നമ്മൾ ഇബ്രാഹി ലേഖനം ഈ വിശ്വാസികളുടെ മുഴുവൻ ആളുകളെക്കുറിച്ചും പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ട് പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ ഈ ഓട്ടത്തെ ഓടാനായിട്ട് പറയും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഞാൻ വിട്ടുപോകാതെ ഒരു കാര്യം കൂടെ പറയട്ടെ അതായത് ചിലർ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ എന്തെങ്കിലും പിന്നെ ഞാനറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഏഹ് ചിലപ്പോൾ നമ്മൾ നിങ്ങളെല്ലാം ക്ഷമ ചോദിച്ച് കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പറയാറുണ്ട് ഞാൻ സൗര ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണേ അല്ലെങ്കിൽ സഹോദരി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ചിലപ്പോൾ ദൈവത്തോടും ദൈവമേ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണേ പക്ഷേ ദൈവം പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ക്ഷമ കിട്ടത്തില്ല ഏ ഇവിടെ എന്താ പറയുന്നത് നമ്മൾ വായിച്ചത് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു അപ്പോ എന്റെ പാപത്തെ എനിക്ക് ബോധ്യം ഉണ്ടാവണം എന്റെ പാപമാണ് എന്നെനിക്കൊരു ബോധ്യമുണ്ടായി ദാവീദ സങ്കീർത്തനത്തിൽ എന്താണ് പറഞ്ഞത് എന്റെ പാപം ദൈവമേ എന്റെ പാപം എന്റെ മുമ്പാകെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള നമുക്ക് ബോധ്യമുണ്ടായി ആ പാപത്തെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട് ഒരു പാപത്തെക്കുറിച്ചും നമുക്ക് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ധൈര്യം ചോർത്തി കളയാനായിട്ട് പാടില്ല നമുക്ക് ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ നമുക്ക് ആ രീതിയിൽ ശുദ്ധിപ്പെട്ടു ഉറപ്പോടെ നമ്മൾ പിന്നീട് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നോക്കി നിരാശപ്പെടാതെ നമുക്ക് ധൈര്യത്തോടെ പത്രോസ് നിന്നതുപോലെ നമുക്ക് നിൽക്കാനായിട്ട് കഴിയും ഓക്കെ അപ്പം അതുപോലെ നമ്മൾ മുമ്പോട്ടുള്ള യാത്രയിൽ നമുക്ക് പാപവുമായിട്ട് പല കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ വീണ്ടും എനിക്ക് തളർ തളരുന്നു എനിക്ക് പറ്റുന്നില്ല അപ്പോൾ പറ്റുന്നില്ല നമ്മൾ യേശുവിനെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ റോമലേഖനം ആറിൻ്റെ പതിനാല് അവിടെ നമ്മൾ എന്താ വായിക്കുന്നത് റോമാലേഖനം നമുക്ക് പരിചയമുള്ള വാക്യമാണ് ആറിൻ്റെ പതിനാല് നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപക്ക് അത്രയും അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ എത്ര ഉറപ്പോടുകൂടെ പറയുന്ന ഒരു വാക്യം ഏ നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്രയും അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ അപ്പോൾ നമ്മൾ റോമാലേഖനം നാലാം അധ്യായത്തിൽ നേരത്തെ ബ്രദർ വായിച്ചു എബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അപ്പം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓ പിന്നെയും പിന്നെയും ഞാൻ ആകാംക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു പിന്നെയും പിന്നെയും ഞാൻ നാളത്തെക്കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു പിന്നെയും പിന്നെയും ഈ തെറ്റായ ചിന്തയ്ക്ക് ഞാൻ അടിമപ്പെടുന്നു പിന്നെയും പിന്നെയും ഞാൻ ഈ ഒട്ടും ഞാൻ എനിക്ക് ഞാൻ കോപപ്പെടരുതെന്ന് വിചാരിച്ചതാണ് പക്ഷെ പിന്നെയും പിന്നെയും ഇത് പൊട്ടിത്തെറിച്ചു പോകുന്നു ഈ സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങനെ പറയരുതെന്ന് വിചാരിച്ചതാണ് പിന്നെയും പിന്നെയും അതങ്ങ് പറഞ്ഞു പോകുന്നു നമ്മള് അവിടെയും നാം നിരാശപ്പെട്ടു പോവുകയല്ല വേണ്ടത് അവിടെ പറയുന്നു കർത്താവേ ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്നാൽ കർത്താവെ ഞാൻ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനനാകിയാൽ പാപം എനിൽ കർത്തൃത്വം നടത്തുകയില്ല അങ്ങ് കർത്താവെ ആ രീതിയിൽ അങ്ങയുടെ കൃപയുടെ കീഴിൽ ഞാൻ താഴ്മയോടെ ഏഹ് താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു എന്ന് വായി ഞാൻ താഴ്മയോടെ അങ്ങയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഞാൻ കൃപയ്ക്ക് അധീനനാണെങ്കിൽ പാപം എന്നിൽ കർത്തൃത്വം നടത്തുകയില്ല എന്നീ വചനം കർത്താവെ ഞാൻ എന്നിലേക്ക് നോക്കി ഞാൻ അങ്ങനെ അതൊട്ടും അങ്ങനെ പറ്റില്ല എന്ന് പറയാതെ ഞാൻ കർത്താവെ നിന്നിലേക്ക് നോക്കി നിന്റെ വചനത്തിലേക്ക് നോക്കി ഞാൻ പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പാപം എന്നിൽ കർത്തൃത്വം നടത്തുകയില്ല എന്നിലുള്ളവൻ കർത്താവെ ഈ എന്നെ പ്രലോഭിപ്പിക്കുന്ന ഈ പാപത്തിനെക്കാട്ടിലും എന്നിലുള്ള അങ്ങ് വലിയവനാണ് അങ്ങ് എനിക്ക് മതിയായവനാണ് ഈ സാഹചര്യത്തിൽ അങ്ങനെ വിടുവിക്കും ഈ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും അപ്പോൾ നമ്മുടെ പാപക്ഷമ ിലും നമുക്ക് വിശ്വാസമാണ് നമുക്ക് ആവശ്യം നമുക്ക് ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള പാപത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലും നമുക്ക് വിശ്വാസത്തോടു കൂടെയാണ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കേണ്ടത് കർത്താവേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഈ ഓട്ടം ഓടുന്നു ഞാൻ കൃപയ്ക്ക് അധീനനാണ് ഞാൻ പാപം എന്നിൽ കർത്തത്വം നടത്തുകയില്ല അങ്ങ് എനിക്ക് മതിയായവനാണ് അങ്ങ് എന്നിൽ എന്നിൽ ശക്തിയുള്ള ശക്തി അങ്ങ് എന്നോട് എന്നുള്ളിൽ അങ്ങ് ജീവിക്കുന്നു കർത്താവെ അങ്ങ് എനിക്ക് മതിയായി എന്നെ നടത്തും അപ്പം ആ രീതിയിലുള്ളൊരു വിശ്വാസത്തിൻ്റെ ആത്മാവോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകാം നമ്മുടെ ഇന്നത്തെ പ്രശ്നത്തിൻ്റെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിൻ്റെ മുമ്പിൽ നമുക്ക് ധൈര്യത്തോടുകൂടെ വേണം നാം ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാനായിട്ട് നമ്മൾ പേടിയോടെ ഭയത്തോടെ നാം നിന്ന് നിന്ന് നമുക്ക് ദൈവത്തിൻ്റെ സംശയത്തോടുകൂടെ ദൈവത്തിൻ്റെ ഇടക്കിലേക്ക് വന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ എടുക്കൽ നിന്നൊന്നും പ്രാപിക്കാനായിട്ട് കഴിയുകയില്ല നമ്മൾ ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കളുടെ രക്ഷ നമ്മളുടെ ഭർത്താക്കന്മാരുടെ പങ്കാളി ജീവിത പങ്കാളികളുടെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് നമ്മുടെ കടത്തിൻ്റെയും പാരത്തിൻ്റെയും മധ്യത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ വേണം എന്ന് നാം ആഗ്രഹിക്കുന്നു അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ഒരു കാര്യമാണ് അതിൻ്റെ മധ്യത്തിൽ നമ്മളൊരു നിരാശപ്പെട്ട് മടുത്തവരായി ക്ഷീണിച്ചവരായിട്ടല്ല നാം നിൽക്കേണ്ടത് കർത്താവ് ഞാൻ അങ്ങയുടെ മകനാണ് അങ്ങയുടെ മകളാണ് അങ്ങയുടെ രക്തത്താൽ കഴുകപ്പെട്ടവനാണ് അങ്ങ് എൻ്റെ കൂടെയുണ്ട് അങ്ങ് എന്നെ സഹായിക്കുമെന്നുള്ള ഉറപ്പോടെ ധൈര്യത്തോടെ നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലായിരിക്കാം ദൈവം നമ്മെ സഹായിക്കും